അള്ളാഹുസുബഹാനഹുവ ചായാലായുടെ അടുക്കൽ മതം ഇസ്ലാം മാത്രമാകുന്നു വേദം നൽകപ്പെട്ടവർക്കിടയിൽ വിജ്ഞാനം വന്നതിനു ശേഷം അവർ പരസ്പരം അസൂയകാരണമാണ് ഭിന്നിച്ചത് അള്ളാഹുസുബഹാനഹുവ ചായാലായുടെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ ചായാല വേഗത്തിൽ കണക്കുതീർക്കുന്നവരാകുന്നു